ം മുപ്പത്തി ഒൻപത് നിയോ മനുഷ്യപുത്ര ഗോഗിനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു രോഷ് മെസക് തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ ആറിലൊന്ന് ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്തുനിന്ന് പുറപ്പെടുവിച്ചു ഇസ്രയേൽ പർവ്വതങ്ങളിൽ വരുത്തും നിന്റെ ഇടംകൈയിൽ നിന്ന് ഞാൻ നിന്റെ വില്ല് തെറുപ്പിച്ച് വലങ്കയിൽ നിന്ന് നിന്റെ അമ്പ് വീഴിക്കും നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടു കൂടെയുള്ള ജാതികളും ഇസ്രയേൽ പർവ്വതങ്ങളിൽ വീഴും ഞാൻ നിന്നെ കഴുകു മുതലായ പറവയ്ക്കൊക്കെയും കാട്ടുമൃഗത്തിനും ഇരയായി കൊടുക്കും നീ വെളിംപ്രദേശത്ത് വീഴും ഞാനല്ലോ അത് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് മാഗോഗിലും തീരപ്രദേശങ്ങളിൽ നിർഭയം വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ തീയക്കും ഞാൻ യഹോവയെന്ന് അവർ അറിയും ഇങ്ങനെ ഞാൻ എന്റെ വിശുദ്ധനാമം എന്റെ ജനമായ ഇസ്രയേലിന്റെ നടുവിൽ വെളിപ്പെടുത്തും ഇനി എന്റെ വിശുദ്ധനാമം ശുദ്ധമാക്കുവാൻ ഞാൻ സമ്മതിക്കയില്ല ഞാൻ ഇസ്രയേലിൽ പരിശുദ്ധനായ യഹോവയാകുന്നു എന്ന് ജാതികൾ അറിയും ഇതാ അത് വരുന്നു അത് സംഭവിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ഇതത്രെ ഞാൻ അരുളി ദിവസം ഇസ്രയേലിന്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട് പരിച പലക വില്ല് അമ്പ് കുറുവടി കുന്തം മുതലായ ആയുധങ്ങളെ എടുത്ത് ീ കത്തിക്കും അവർ അവയെക്കൊണ്ട് ഏഴ് സംവത്സരം തീ കത്തിക്കും പറമ്പിൽ നിന്ന് വിറക് പെറുക്കുകയോ കാട്ടിൽ നിന്ന് ഒന്നും വെട്ടുകയോ ചെയ്യാതെ ആയുധങ്ങളെ തന്നെ അവർ കത്തിക്കും തങ്ങളെ കൊള്ളയിട്ടവരെ അവർ കൊള്ളയിടുകയും തങ്ങളെ കവർച്ച ചെയ്തവരെ കവർച്ച ചെയ്യുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അന്ന് ഞാൻ ഗോഗിന് േലിൽ ഒരു ശ്മശാന ഭൂമി കൊടുക്കും കടലിന് കിഴക്കുവശത്ത് വഴിപോക്കരുടെ താഴ്വര തന്നെ വഴിപോക്കർക്ക് അത് വഴിമുടക്കമായി തീരും അവിടെ ഗോഗിനെയും അവന്റെ സകല പുരുഷാരത്തെയും അടക്കം ചെയ്യും അവർ അതിന് ഹാമോൻ ഗോഗ് ഗോക് പുരുഷാരത്തിന്റെ താഴ്വര എന്ന് പേർ വിളിക്കും ഇസ്രയേൽ ഗ്രഹം അവരെ അടക്കം ചെയ്ത് തീർത്ത് ദേശത്തെ വെടിപ്പാക്കുവാൻ ഏഴു മാസം വേണ്ടിവരും ദേശത്തിലെ ജനം എല്ലാം കൂടി അവരെ അടക്കം ചെയ്യും ഞാൻ എന്നെ തന്നെ മഹുത്തീകരിക്കുന്ന നാളിൽ അതവർക്ക് കീർത്തിയായിരിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും ഏഴു മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിലൊരുവൻ ഒരു മനുഷ്യാസ്തി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വെക്കും അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും ഒരു നഗരത്തിനും ഹമോന പുരുഷാരം എന്ന പേരുണ്ടാകും ഇങ്ങനെ അവർ ദേശത്തെ വെടിപ്പാക്കും മനുഷ്യപുത്ര യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു സകലവിധ പക്ഷികളോടും എല്ലാ കാട്ടുമൃഗങ്ങളോടും നീ പറയേണ്ടുന്നത് നിങ്ങൾ കൂടി നിങ്ങൾ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇസ്രയേൽ പർവ്വതങ്ങളിൽ ഒരു മഹായാഗമായി നിങ്ങൾക്കുവേണ്ടി അറുപ്പാൻ പോകുന്ന എന്റെ യാഗത്തിന് നാല് പുറത്തു നിന്നും വന്നുകൂടുവെ നിങ്ങൾ വീരന്മാരുടെ മാംസം തിന്ന് ഭൂമിയിലെ പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കണം അവരൊക്കെയും ബാഷാനിലെ രക്തം കുടിക്കുകയും ചെയ്യും ഇങ്ങനെ നിങ്ങൾ എന്റെ മേശയിങ്കൽ കുതിരകളെയും വാഹനമൃഗങ്ങളെയും വീരന്മാരെയും സകല യോദ്ധാക്കളെയും തിന്ന് തൃപ്തരാകുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ഞാൻ എന്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ സ്ഥാപിക്കും ഞാൻ നടത്തിയിരിക്കുന്ന എന്റെ ന്യായവിധിയും ഞാൻ അവരുടെ മേൽവെച്ച എന്റെ കൈയും സകല ജാതികളും കാണും അങ്ങനെ അന്നുമുതൽ മേലാൽ ഞാൻ തങ്ങളുടെ ദൈവമായ അഹോവയെന്ന് ഇസ്രയേൽഗ്രഹം അറിയും ഇസ്രയേൽഗ്രഹം തങ്ങളുടെ അകൃത്യനിമിത്തം പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു എന്നും അവർ എന്നോട് ദ്രോഹം ചെയ്തതുകൊണ്ട് ഞാൻ എന്റെ മുഖം അവർക്ക് മറച്ച് അവരൊക്കെയും വാൾ കൊണ്ട് വീഴേണ്ടതിന് അവരെ അവരുടെ വൈരികളുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നും ജാതികളറി അവരുടെ അശുദ്ധിക്കും അവരുടെ അതിക്രമങ്ങൾക്കും തക്കവണ്ണം ഞാൻ അവരോട് പ്രവർത്തിച്ച് എന്റെ മുഖം അവർക്ക് മറച്ചു അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഇപ്പോൾ ഞാൻ യാക്കോബിന്റെ പ്രവാസികളെ മടക്കിവരുത്തി ഇസ്രയേൽ ഗ്രഹത്തോടൊക്കെയും കരുണ ചെയ്ത് എന്റെ വിശുദ്ധ നാമം നിമിത്തം തീഷ്ണത ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ നിന്ന് മടക്കിവരുത്തി അവരുടെ ശത്രുക്കളുടെ ദേശങ്ങളിൽ നിന്ന് അവരെ ശേഖരിച്ച് പല ജാതികളും കാണുക എന്നെത്തന്നെ അവരിൽ വിശുദ്ധീകരിച്ച ശേഷം ആരും അവരെ ഭയപ്പെടുത്താതെ അവർ തങ്ങളുടെ ദേശത്ത് നിർഭയമായി വസിക്കുമ്പോൾ തങ്ങളുടെ ലജ്ജയും എന്നോട് ചെയ്തിരിക്കുന്ന സർവ്വദ്രോഹങ്ങളും മറക്കും ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ബദ്ധരായി കൊണ്ടുപോകുമാറാക്കുകയും അവരിൽ ആരെയും അവിടെ വിട്ടേക്കാതെ അവരുടെ ദേശത്തേക്ക് കൂട്ടിവരുത്തുകയും ചെയ്തതിനാൽ ഞാൻ അവരുടെ ദൈവമായ യഹോവയെന്ന് അവർ അറിയി ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിന്മേൽ എന്റെ ആത്മാവിനെ പകർന്നിരിക്കയാൽ ഇനി എന്റെ മുഖം അവർക്ക് മറക്കുകയുമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്